അവരെ അവരുടെ പിതാക്കളുടെ പേരിൽ വിളിക്കുവീൻ അള്ളാഹുവിന്റെ അടുക്കൽ അത് കൂടുതൽ നീതിയുക്തമാണ് അവരുടെ പിതാക്കളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ മതത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളും മിത്രങ്ങളുമാകുന്നു നിങ്ങൾ അബദ്ധത്തിൽ ചെയ്തു കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ബോധപൂർവം ചെയ്ത കാര്യങ്ങളൊഴികെ അല്ലാഹു സുബാനുഹുവ താല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു